അല്ല ഇങ്ങനെ എന്നതുകൂടെ ആയിരുന്നു മഹർഷി കുളിക്കാൻ പുറപ്പെട അപ്പോ തമാശ ആയിട്ട് അവരിങ്ങനെ പറഞ്ഞു രസിച്ച് ചിലരൊക്കെ കഞ്ചാവ് കുടിക്കണവരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ഭഗവാനെ എങ്ങനെയാണ് അവരുടെ അവസ്ഥ എന്ന് ചോദിച്ചു അപ്പൊ മഹർഷി അതൊക്കെ നടിച്ച് കാണിച്ചു കൊടുത്തു അവര് കാണിക്കണ ആക്ട് ചെയ്ത് കാണിച്ചു കൊടുത്ത് അണ്ണാമല സ്വാമികളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു കൊത്തണേ അണ്ണാമല സ്വാമികൾ തന്നെ പറഞ്ഞ കഥയാണത് ഒരു ഒന്നൊന്നേകാം മണിക്കൂർ നേരം എന്ത് സംഭവിച്ചു എന്ന് തന്നെ എനിക്ക് അറിഞ്ഞില്ല ഒരു പരമാനന്ദ നിർവൃത്തിയായിരുന്നു ഞാൻ അതിനുശേഷം ഒന്ന് സാധാരണ തലത്തിലേക്ക് വരുമ്പോഴേക്കും മനസ്സിൽ കുളിച്ചു പോയി കഴിഞ്ഞു എന്നാണ് ആ സ്പർശം ജീവൻ മുക്തന്മാരുടെ ജ്ഞാനികളുടെ സ്പർശം ആ സ്പർശമേൽക്കുമ്പോ തന്നെ ചിത് പ്രസരം അത്രയധികം ആനന്ദം ഉണ്ടാവണോ അപ്പൊ ഭഗവാന്റെ കൂടെ ഈ കുട്ടികൾ ഉരുണ്ട് പെരണ്ട് കളിച്ചാൽ അതെങ്ങനെ ഉണ്ടാവും സാധാരണ ഒരു മനുഷ്യൻ നമ്മളെ സ്പർശിക്കുമ്പോൾ അതാണ് പരസ്പർശം ഏൽക്കാൻ പാടില്ലാന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവിക്കാം വളരെയധികം മനോവൈഷമ്യമുള്ള ഒരാൾ സ്പർശിച്ചാൽ നമ്മൾ കുറച്ച് വിഷമിക്കും വികാരത്തോടുകൂടെ ഒരാളെ സ്പർശിച്ചാൽ നമുക്ക് തന്നെ അറിയാമല്ലോ സ്നേഹത്തോടെ സ്പർശം കാമത്തോടെ സ്പർശം ദേഷ്യത്തോടെയുള്ള സ്പർശം ആ സ്പർശിക്കുമ്പോൾ അതോടൊപ്പം അതിന്റെ എനർജി അതിന്റെ വികാരം നമ്മളിലേക്ക് വരുന്നു അതേസമയം പരമാനന്ദ അനുഭൂതിയുടെ തലത്തിൽ സ്പർശിച്ചാൽ ശ്രീരാമകൃഷ്ണദേവൻ വിവേകാനന്ദനെ സ്പർശിച്ചു ചൈതന്യ മഹാപ്രഭു എത്രയോ പേരെ അവരെ സ്പർശിച്ചു സ്പർശം മതി ശ്രീരാമചന്ദ്രന്റെ പാദസ്പർശം ഏറ്റവും അഹലിലേക്ക് അപ്പൊ ഭഗവാൻ ഇവിടെ കുട്ടികളുടെ കൂടെ കളിക്കുമ്പോൾ അവർക്ക് ബ്രഹ്മസുഖാനുഭവം വരുന്നു എന്നുള്ളതിൽ എന്താശ്ചര്യമുണ്ട് ഇത്തം സദാം ബ്രഹ്മസുഖാനുഭൂത്യാ ദാസ്യം ഗതാനാം കൃഷ്ണന്റെ ദാസ്യം കിട്ടിയിരിക്കുന്നു അവർക്ക് എങ്ങനെ കിട്ടി പരദേവതേനെ മായാശ്രിതാനാം നരദാരകേണ് മായെ ആശ്രയിച്ച് ഈ മനുഷ്യകുട്ടികളുടെ കൂടെ വന്ന് ബ്രഹ്മം കളിക്കുന്നു ഇങ്ങനെ കളിച്ച് രസിക്കുന്നത് കണ്ടപ്പോ കംസന്റെ ഒരനിയായി ക സഹോദരനായ അഖാസുരൻ അവിടെ വന്നു അഘം എന്ന് വെച്ചാൽ പാപം എന്നർത്ഥം അഖാസുരൻ ഒരു പാമ്പിന്റെ രൂപത്തില് അവിടെ വന്നു വലിയ മലം പാമ്പ് അത് വാഴ പൊളിച്ച് അവിടെ കിടപ്പായി കുട്ടികളൊക്കെ പറഞ്ഞു കണ്ണാൻ നമുക്ക് കണ്ണു പത്തി കളിക്കാം ഓ ശരി കൃഷ്ണൻ ഒരു കുട്ടികളൊക്കെ എന്താ കൈ പിടിച്ചിങ്ങനെ ആരാണ് പെടത് നോക്കുക അല്ലെ ഓക്കെ ഇപ്പൊ കൃഷ്ണനാണിപ്പോ പെട്ടത് അപ്പൊ കൃഷ്ണൻ കണ്ണടച്ച് നിൽക്ക കൃഷ്ണൻ കണ്ണടച്ചും ബാക്കി കുട്ടികളൊക്കെ ഒളിഞ്ഞിരിക്കാനായിട്ട് സ്ഥലം അന്വേഷിച്ചു പശു കുട്ടികളെ ഒക്കെ ഒരു വശത്തേക്കാക്കി അകാസുരന്റെ അടുത്തേക്ക് ചെന്നു പശു കുട്ടികളെവിടെ വിട്ടാ ശരിയാവില്ല അതും കൂട്ടിക്കൊണ്ടുപോകാം അകാസുരന്റെ അടുത്ത് അവിടെ ചെന്നപ്പോ വലിയ പാമ്പ് ഇവർക്ക് പാമ്പാണെന്ന് മനസ്സിലാക്കിയ ആ നോക്കൂ വലിയ ഗുഹ എന്താ ഒരു വൃന്ദാവനത്തിലേക്ക് ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ ഈ ഗുഹ എന്നേലും ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ ഉണ്ടായിരുന്നുണ്ടാവും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുകയാണ് ഏത് ഗുഹയല്ല മലമ്പാമ്പാണ് എന്നൊരു കുട്ടി വന്നു ഏ മലമ്പാമ്പു പോലെയുള്ള ഗുഹ ഇത് പാമ്പു ഗുഹയാണ് ഏ അതിന്റെ വാഴ് നിന്ന് നാറ്റം വരുന്നു മാംസഗന്ധം വരുന്നു അത് അതിനകത്ത് ചത്തുപോയിട്ടുള്ള മൃഗങ്ങളുടെ ഗന്ധമാണ് ആ ഗുഹയിലെ ചത്തുപോയ മൃഗങ്ങളുടെ ഗന്ധമാണ് ഏ അതിനകത്തുനിന്ന് ചൂട് വരുന്നുവല്ലോ അത് ഈ ചൂട് കൊണ്ട് ഗുഹയുടെ അകം ചൂടായതാണ് ഇങ്ങനെ പരസ്പരം ഓരോ എക്സ്പ്ലനേഷൻ കൊടുത്തു കുട്ടികളൊക്കെ അകാസുരന്റെ വായിലേക്ക് പ്രവേശിച്ചു അയാൾ വായടച്ചില്ല കൃഷ്ണൻ വരാനായി കാത്തിരുന്നു അകത്തേക്ക് പ്രവേശിച്ചു കുറച്ചു കഴിഞ്ഞ് ഭഗവാനെ അന്വേഷിച്ചു വന്നു കുട്ടികളെ ഒന്നും കാണാനില്ല ഭഗവാൻ മനസ്സിലായി അകത്തിന്റെ ഉള്ളിൽ പ്രവേശിച്ചു കണ്ണൻ കണ്ണടച്ചാൽ വേശിക്ക പാപത്തില് പ്രവേശിച്ചു ഭഗവാന്റെ കണ്ണടച്ചാൽ പാപത്തിൽ പ്രവേശിക്കുക പാപമാവുന്ന പാമ്പിന്റെ വായിൽ പ്രവേശിച്ചു അപ്പോൾ ഭഗവാനും പുറകെ വന്നു ഭഗവാനും അകത്തേക്ക് പ്രവേശിച്ചു അകത്ത് പ്രവേശിച്ച് ഈ പാമ്പ് വായടച്ചു അകത്ത് ചെന്ന് ഭഗവാൻ ഇതിന്റെ വയറ് കീറി ഇതിനെ വധിച്ചു പുറത്തു വന്നു ഈ അകാസുരനിൽ നിന്നൊരു ദിവ്യ ജ്യോതിസ് ഭഗവാനിൽ ലയിച്ചു പരീക്ഷിച്ചു ചോദിച്ചു ഇതെങ്ങനെ സാധ്യം പാപികളെ രക്ഷിക്കുന്നത് പാപമേ രക്ഷപ്പെട്ടുവോ പാപത്തിനെ ഭഗവത്പ്രാപ്തി ഇതെങ്ങനെ സാധിക്കും നൈ തദ്ചിത്രം മനുജാർബമാന പരാമരാണ പരമസ്യേധസ അഗോവിയത് സ്പർശനദൗതപാതകാപാത്മസാമ്യം അസതാം ദുർലഭം ഭഗവാൻ സുലഭാവതാരം വിഷ്ണു സേസ നാമത്തിൽ എന്നൊരു പേരുണ്ട് സുലഭ സുഹൃത സിദ്ധ ശത്രുതാപന ഇവിടെ സൗലഭ്യമാണ് കൃഷ്ണാവതാരത്തിൽ പാപിക്ക് മാത്രമല്ല പാപത്തിനെ മുക്തി ഭഗവാനെ സമീപിക്കുകയാണെങ്കിൽ ഏതു ഉദ്ദേശത്തോടെയാണെങ്കിലും ഭഗവാന്റെ അടുത്ത് ചെന്നാൽ ആ ജീവനെ തന്റെ വശത്താക്കുന്നു ഏതൊരു ഭഗവാനെ പ്രതിമയിൽ ഉപാസിച്ച് ഹൃദയത്തിൽ ധ്യാനിച്ചാൽ മുക്തി കിട്ടുന്നുവോ ആ ഭഗവാനെ ഇവൻ വിഴുങ്ങി അപ്പൊ അവന് മുക്തി കിട്ടില്ലേ ഒന്നില് നമ്മൾ ഭഗവാനെ വിഴുങ്ങണം അല്ലെങ്കിൽ ഭഗവാൻ നമ്മളെ വിഴുങ്ങണം ഇത് രണ്ടിലെ ഏതെങ്കിലും നടക്കണം ഒന്നിൽ ഭഗവാനെ വിഴുങ്ങണം അല്ലെങ്കിൽ ഭഗവാൻ നമ്മളെ വിഴുങ്ങണം വയം ദേവസ്യ ഭോജനം ഇത് രണ്ടും എന്തെങ്കിലും നടക്കണം ചിലർ ഭഗവാന്റെ സ്വത്തിന് വിഴുങ്ങും ഇയാള് ഭഗവാനെ മുഴുങ്ങി യംഗപ്രതിമന്ത മനോമയീ ഭാഗവതീം ഗതി സിത്മസുഖാഭൂത്യുതായ അന്തർഗോന ഏതൊരു ഭഗവാൻ വെളിച്ചം വന്നാൽ ഇരുട്ടു പോകുന്ന പോലെ ഏതൊരു ഭഗവാൻ ഹൃദയത്തിൽ പ്രകാശിച്ചാൽ ഇരുട്ട് പോകുമോ ആ ഭഗവാൻ സ്വയമേവ അകത്ത് കടക്കുമ്പോ ഈ അഗാസുരന് മുക്തി കിട്ടിയതിൽ ആശ്ചര്യപ്പെടാൻ എന്തുണ്ട് അതുകൊണ്ട് ഭഗവാനെ വിഴുങ്ങിയതിൽ മോക്ഷം ഭഗവാനെ തന്റെ ഉള്ളിലേക്കാക്കി ഈ അകാസുരൻ ഭഗവാനെ ആദ്യം നമ്മൾ വിഴുങ്ങും പിന്നെ ഭഗവാൻ നമ്മളെ വിഴുങ്ങും ഭഗവാനെ നമ്മൾ വിഴുങ്ങുന്നത് എന്താ ഹൃദയധ്യാനം പിന്നീട് ഭഗവാൻ നമ്മളെ വിഴുങ്ങണം ഭഗവാൻ നമ്മളെ വിഴുങ്ങുന്നതിന്റെ ഉദാഹരണമാണ് രാസക്രീഡ ആദ്യം നമ്മൾ ഭഗവാനെ അനുഭവിക്കും അവിടെ ജീവഭാവം വളരെ പ്രബലമാണ് ഞാൻ ധ്യാനിക്കുന്നു ഞാൻ പൂജിക്കുന്നു ഞാൻ ജപിക്കുന്നു ഞാൻ സങ്കീർത്തനം ചെയ്യുന്നു ഇതിലെ ഞാൻ ഭോക്താവും ഭഗവാൻ ബോധ്യവുമാണ് പക്ഷെ രാസക്രീഡയിൽ ഭഗവാൻ ഭോക്താവും ഞാൻ ബോധ്യവുമാണ് ഗോപികകൾ ഭഗവാന്റെ മുമ്പിൽ ബോധ്യ പദാർത്ഥമായിട്ട് ഭഗവാൻ അനുഭവിക്കുന്നു ഇവരനുഭവിക്കപ്പെടുന്നു അപ്പോ അതായത് അതാണ് മാർജാതകിശോ അന്യായം ഭഗവാൻ ഇങ്ങോട്ട് പിടിക്കുകയാണ് എന്ന് വെച്ചാൽ ഭഗവത് അനുഭൂതി അവിടെ നമുക്ക് സ്വാതന്ത്ര്യമില്ല മറ്റേത് നമ്മൾ ഭോക്താവും ഭഗവാൻ ബോധ്യവുമായിരിക്കുമ്പോൾ നമ്മൾ ഇരിക്കണം നമ്മൾ ധ്യാനിക്കണം നമ്മൾ ജപിക്കണം ഭഗവാൻ ഭൂജിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യമില്ലാതെ ആ അനുഭൂതി ഇത് വിൽ ഫോഴ്സ്ഫുള്ളി ഓപ്പറേറ്റ് നമ്മളുടെ ഉള്ളിലേക്ക് അനുഭൂതി നമ്മൾ വേണ്ടാന്ന് വെച്ചാൽ നമ്മളുടെ ഉള്ളിൽ അനുഭൂതി വരും ഗോപസ്ത്രീകൾ അതാണ് വിസ്മൃത്തും നൈവ ശക്നുമാഹ മറക്കാൻ സാധിക്കണില്ലാന്ന് പറഞ്ഞത് ആ അനുഭൂതി ഭഗവാന്റെ സ്വാതന്ത്ര്യത്തിലാണ് നമ്മളുടെ സ്വാതന്ത്ര്യത്തിലല്ല ഭഗവാന്റെ സ്വാതന്ത്ര്യത്തിൽ നിൽക്കുന്നു അപ്പോ ഈ കഥ ഇത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞു എന്നുവെച്ചാൽ ഈ പാമ്പിനെ കൊന്നു കൃഷ്ണൻ ഉടനെ വീട്ടിൽ ചെന്ന് വരണ്ടേ ഈ ഗോപകുട്ടികൾ ഈ അകാസുരനെ വധിച്ചത് ആ കഥ ഒരു വർഷം കഴിഞ്ഞ് വീട്ടിൽ പോയി പറഞ്ഞു അത്രയും അതെന്താ ഈ ഒരു വർഷം ഈ ഒരു വർഷത്തിന്റെ ഇടയിൽ എന്ത് സംഭവിച്ചു ഇത് കേട്ടപ്പോ പരീക്ഷത്തിൽ ആശ്ചര്യം തോന്നി ബ്രഹ്മൻ കാലാന്തരകൃതം തത്കാലീനം കഥംഭവേത് യത് കൗമാരേ ഹരിതകൃതം ജഗുഹു പൗഖണ്ഡകേ കൗമാരത്തിൽ ഹരിചെയ്ത ഈ കർമ്മം പൗഖണ്ഠവയസിൽ ചെന്ന് അവിടെ ചെന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ അതെനിക്ക് മനസ്സിലാവണില്ല ഈ മഹായോഗ്യൻ പറയൂ വയം ധന്യതമാലോകെ ഗുരുവോപി ക്ഷത്രബന്ധവ യോ മുഹുസ്ത്യം ഞാൻ ക്ഷത്രബന്ധു ക്ഷീൻ എന്ന് പറയാൻ പോലും യോഗ്യതയില്ലാത്ത ഞാൻ ഭാഗ്യവാനാണ് കാരണം എന്താ ത്രികഥാമൃതം അങ്ങയിൽ നിന്നും ഹരികഥാമൃതം കുടിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ടല്ലോ പറയൂ എന്ത് സംഭവിച്ചു ഇത് ചോദിച്ചതും മഹർഷി നിർവികൽപ്പമായി സമാധി നിഷ്ഠയിൽ ലയിച്ചു അദ്ദേഹത്തിന് ആ അലൗകിക ചരിത്രം സ്മരിച്ചതോടുകൂടെ ശ്രീശുഖാചാര്യർ സമാധിനിഷ്ഠനായിട്ട് തീർന്നു എന്നാണ് അദ്ദേഹത്തിന്റെ മനസ്സ് അങ്ങടും ഇങ്ങടും ആയിട്ട് നിൽക്കുകയാണെ അങ്ങടും ചാടാം ഇങ്ങടും ചാടാം ചിലപ്പോ അങ്ങട് ചാടിയാൽ തിരിച്ചു വരില്ല രാമകൃഷ്ണദേവൻ പറയും യോഗികളുടെ മനസ്സ് എങ്ങനെയാന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ഉദാഹരണം പറയണത് ഗംഗാതീരത്തിൽ ഒരു കുടത്തിൽ ഒരു കുട്ടി കുളിക്കാൻ വന്ന പയ്യൻ ഒരു കൊച്ചു മത്സ്യത്തിനെ പിടിച്ച് ഒരു കുടത്തിലാക്കിയിട്ട് വെള്ളമൊഴിച്ച് കുടത്തിലാക്കിയിട്ട് ഇവൻ കുളിച്ചുകൊണ്ടിരിക്കാത്രേ അപ്പൊ ഈ കുടത്തിന്റെ ഉള്ളിലുള്ള മത്സ്യം ഇങ്ങനെ ചാടിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പൊ ശ്രീരാമകൃഷ്ണ പരമംസരെ കരക്കിരുന്നു നോക്കിക്കൊണ്ടിരുന്നു എന്നാണ് ഈ കുടത്തിലുള്ള മത്സ്യം ചാടുന്നു വീണ്ടും വെള്ളത്തിൽ വീഴും വീണ്ടും ചാടും വീണ്ടും വെള്ളത്തിൽ വീഴും അവസാനം ഒരു ചാട്ടം ചാടി ഗംഗയിലേക്ക് വന്നു പിന്നെ അതിന് തിരിച്ചു കിട്ടുമോ അതുപോലെയാണ് ചിലപ്പോ യോഗികളുടെ മനസ്സെന്നാണ് അത് ബ്രഹ്മത്തിനെ സമീപിക്കാൻ ചാടിക്കൊണ്ടേ ചിലപ്പോൾ ചാടി ഇറ്റ് ഫോൾ ഇൻ ടു ദ ഇൻഫിനിറ്റ് ഇറ്റ് ലൂസ് ഹോൾഡ് സുഖബ്രഹ്മ മഹർഷി शरीर सर्व मरण स्वरूपानुभूतिलैक् लयचु इत सादरायणि तत्स्तृद्रिय कृछ्राद पुनर्लब्धिशन प्रत्याहत भागवत वाले विषमित बहिर्दृष्टिया तीरुंग അന്തർദൃഷ്ടിയായി സമാധിവിഷ്ഠനായി ശ്രീസുഖാചാര്യർ വളരെ വിഷമിച്ചത്രേ വീണ്ടും കഥ പറയാനായിട്ട് കഥ പറയേണ്ട തലത്തിലേക്ക് വരാനായിട്ട് എന്താ കഥയുടെ ആരംഭം എന്നുവെച്ചാൽ ബ്രഹ്മാവിന് ഭഗവാൻ ചെയ്ത അനുഗ്രഹമാണ് ബ്രഹ്മാവ് കണ്ണനെ കാണാനായിട്ട് വന്നു വൈകുണ്ഠവാസിയായ വിഷ്ണുവിനെ കണ്ടിട്ടുള്ളൂ ഇപ്പൊ കൃഷ്ണൻ എങ്ങനെയുണ്ട് എന്ന് കാണാനായി ബ്രഹ്മാവിനൊരാശ അപ്പൊ ബ്രഹ്മാവ് മുകളിൽ നിന്നും നോക്കി അപ്പ കണ്ടത് ബിബ്രദ്േണു ജടരപടേത്രേ ചേ വാ പാണോ മസകളം തത്ഫലാ അംഗുലീഷു തിഷ്ടന് മദ്യേ സ്വപരിസുഹൃദോ ഹാസയ നമ്മഭിസ്വൈ ലോകേ മിഷതി ബുഭുജേ യബുക് ബാലകേ ബിബ്രദ്േണു ജടരപടയോ ശൃംഗവേത്രേ ചേ കക്ഷത്ര ചൂരലും ഇടുപ്പിലുല കവളം തൈരുംചോറോ എന്തോ കഴിക്കാനുള്ള ഭക്ഷണം ഇടത് കയ്യില് വച്ചിട്ടുണ്ട് അതിന് തൊട്ടുകൂട്ടാനായിട്ട് തത്ഫലാനി അങ്കുലീശൂറുകയോ അച്ചാറ് എന്തോ വരലിന്റെ ഇടയിൽ ഈ വരലിൽ തത്ഫലാനി അങ്കുലീശൂ തിഷ്ടന് മധ്യേ സ്വപരി സുഹൃദ സുഹൃത്തുക്കളുടെ ഒക്കെ നടുവിലിരുന്ന് തോള് കൈയിട്ട് എന്തൊക്കെയോ വർത്തമാനം പറയണോ ഹാ സയൻ നർമ്മിസ്വൈവി എന്തോ തമാശ പറയണുണ്ട് ഹേ ശ്രീതാമാവേ ആ തടിച്ച ഗോപികയിലെ അയാളുടെ ഭർത്താവ് താടി നീട്ടി വളർത്തിയ താടി അവര് ഞാൻ വെണ്ണ ചോദിക്കാൻ പോയപ്പോ എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു അപ്പൊ ഞാൻ എന്തു ചെയ്തു വെച്ചാൽ ഇന്നലെ രാത്രി ചെന്നിട്ട് അവര് രണ്ടുപേരും ഉറങ്ങാണ് നല്ല ഉറക്കം എന്തു കൂർക്കം വലിയ അപ്പൊ ഉറങ്ങുമ്പോ ഇയാളുടെ താടിയും ആ അമ്മയുടെ തലമുടിയും കൂടെ കൂട്ടിക്കെട്ടിട്ട് വന്നു അടുത്ത ദിവസം രണ്ടുപേരും കൂടെ ഇത് പറയാനായിട്ട് ഒരു കിലോമീറ്റർ നടന്നു ഞങ്ങളുടെ വീട്ടിലേക്ക് അതേ ഭാവ കൂടെ വന്നിരിക്കുന്നു ചീത്ത പരസ്പരം നിലവിളിച്ചോണ്ട് എന്താന്ന് വെച്ചാൽ നടക്കുമ്പോ ഇയാൾ ഇത്തിരി ഇങ്ങോട്ട് ആ അമ്മയുടെ തലമുടി ആ അമ്മ അങ്ങോട്ട് വലിച്ച ഇയാളുടെ താടി വീട്ടിൽ വന്ന് യശോധ അമ്മയുടെ അടുത്ത് പറഞ്ഞുതാ ചെയ്തിരിക്കണത് നോക്കൂ കണ്ണൻ അയ്യോ അവൻ എങ്ങനെയൊന്നും ചെയ്യില്ലോ പിന്നെ ആരാ ചെയ്ത് അവൻ തന്നെ ചെയ്തു ശരി ഇത് അഴിച്ചിട്ട് വന്നൂടെ ഈ ഒരു കിലോമീറ്റർ ഇതും കൊണ്ട് നടന്നോട്ട് കൂടെ നടന്നു വരണോ അതാണപ്പോ പ്രശ്നം അഴിക്കാൻ പറ്റുള്ളിയാകുന്നത് ഇവര് എന്ത് കെട്ടി അവൻ ഇട്ട കെട്ട് അവൻ തന്നെ അഴിക്കണം അവനിട്ട കെട്ട് നമുക്ക് അഴിക്കാൻ വയ്യാം നർമ്മിസ് കുട്ടികളെ ഈ തമാശ കേട്ടോ ഉറക്കച്ചിരിക്കാം അപ്പൊ ബ്രഹ്മാവാകാശത്ത് നോക്കി സ്വർഗേ ലോകേ മിഷതി ബുധുജേ യജ്ഞു ബാലകേ യജ്ഞ ബുക്കായിട്ടുള്ള ഭഗവാൻ ഈ ബാലകേരി കുട്ടികളുമായിട്ട് കളിക്കണത് കണ്ട് തമാശ പറയണത് കണ്ട് ബ്രഹ്മ ആശ്ചര്യപ്പെട്ട് ആകാശത്തുനിന്ന് നോക്കി ആ ദിവ്യരൂപത്തിനെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മള് എന്ന് പറയുക നാളെ ബ്രഹ്മസ്തുതി ബിബ്രദ് േ നൃദയാകവേ മുഹ്യംസൂരയ തേജോ വാരമൃദം യഥാവിത്രി സർഗോ മൃഷധാ സ്വേന സദാ നിരസ്തുഹക സത്യം പരം ധീമഹ ോജിതകൈതോത്ര പദമോ നിമത്സരാമത്ര വസ്തുശിവദത്രോന്മൂലന ശ്രീമദ്ഭാഗവത്തെ മഹാമുംവാീശ്വര സദ്യോഹൃവരുദ്ധ്യത്തെ പ്രകൃതി ശുശ്രൂഷിവിക്ഷണത് നിഗമകൽപ്പോർജ് ഫലം शुकमुखादतद्रव संयुत पिपद भागवत रुहरहोरसीका भुवि भावुकाजन तुपेतमेतकनो विरह कातर आजुहव पुत्रे तन्मयतया तरविनेदु तूतहृदय मुनिमानस्मे സ്വാനുഭാവമിശ്രുതിസാരധ്യാത്മദീപം അതിദിതീർഷന്ധം സംസാരണയാണ ഗുഹ്യം തം വ്യാസസോനമുയാ ഗുരുമുനീന സച്ചിദന്ദയ വിശ്വോത്പത്തേതേ താപത്രയ വിനാശാ ശ്രീകൃഷ്ണ വയം നമു കൃഷ്ണ വാസുദേവേ പരമാത്മനി പ്രണതക്ലേശനശാ ഗോവിന്മോ നമ കൃഷ്ണ വാസുദേവാകീനന്ദനോപകുമാരായ ഗോവിന് നമോ നമ നമ പങ്കജനഭയ നമ പങ്കജമാലി നമ പങ്കജനേ നമസ്ത പങ്കഘ്രയ തുസ്ഥിതസുരെ ധർമ്മിഷ്ടവചസായ്സിതമന്വധാവേ മഹാപുരുഷത്തെ ശരണാരവിന്ദേയ സദാ പരിഭവഗ്രമഭീഷ്ടോഹം തീർസ്പദം ശിവവിഞ്ചിതും ശരണ്യ വൃത്യാർത്തിഹം പ്രണതപാഭഭവാദിപോതം വേ മഹാവുരുഷത്തെ ശരണാരവിശം ഭജതി കിം പുരുഷാകരിഷേ സംസേവി ഹനുമ ദൃഢഭക്തിഭാജ സീതരാമ പരമാദ്ഭുതൂപ രാമാത്മക പരിലസൻ പരിപാടി വിഷ്ണോ ഹരേ നമവിന്ദമ സങ്കീർത്തനോവി സൃദ്യദപതിമന്തരാഹിത മനോമയ ഭഗവതീതി സത്മസുഖാഭൂത്യുതോ പുനഃശുഖബ്രഹ്മർ ഭഗവാൻ ദേ അഗാസുരവം എന്ന ലീലയെ പറയുന്ന സന്ദർഭത്തിൽ ഭാഗവത ധർമ്മത്തിനെ ഓർമ്മിപ്പിക്കുകയാണ് ഭഗവാൻ പല വിധത്തിലുള്ള ഭഗവാന്റെ അവതാരം കൃഷ്ണനായിട്ടും രാമനായിട്ടും അതാത് കാലത്തിന് ധർമ്മസ്ഥാപനത്തിനുള്ള അവതാരം അതല്ലാതെ വൈഷ്ണവ സമ്പ്രദായക്കാർ പറയും അർച്ചാവതാരം എന്ന് പറയും അർച്ചാവതാരം എന്നുവെച്ചാൽ അതാത് ദിവ്യക്ഷേത്രങ്ങളിൽ മൂർത്തിയായിട്ട് ഗുരുവായൂരപ്പനായിട്ടും വടക്ക് നാഥനായിട്ടും അതാത് ദിവ്യക്ഷേത്രങ്ങളിൽ അതാത് മൂർത്തിയായിട്ടുള്ള അവതാരം അതെന്തിനാണ് എന്നുവെച്ചാൽ മനസ്സ് അന്തർമുഖപ്പെടുത്തി നിർഗുണനിരാകാരമായ ഭക്തന്മാരെ ഉണ്ടാക്കാൻ വേണ്ടി അവതരിക്കുന്നതാണ് പ്രതിമ എന്ന് നമ്മൾ പറയണത് സഹൃദ്യതംഗ പ്രതിമാന്തരാഹിതം നമ്മളത് വളരെ ലോവർ ലെവലാണെന്ന് വിചാരിക്കും വിനോബാബാവെ അദ്ദേഹത്തിന്റെ ഗീതാപ്രഭാഷണത്തിൽ ഒരിടത്ത് പറയുന്നു ചൈതന്യം സ്ഫുരിക്കുന്ന നടക്കുകയും വർത്തമാനം പറയും വികാരം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന മനുഷ്യരിൽ ഈശ്വരത്വം കാണുന്നത് എളുപ്പം പക്ഷേ അനങ്ങാതെ നിൽക്കുന്ന ഒരു ശിലയിൽ ഈശ്വരത്വം കാണുക ഭഗവാനെ കാണുക എന്നുള്ളത് സഗുണമല്ല നിർഗുണത്തിന്റെ തലപ്പാണ് നാം എന്താന്ന് അചലമായിട്ട് നിൽക്കുന്ന വസ്തുവിൽ ബ്രഹ്മത്തിനെ കാണുക എന്നുള്ളത് അത് യഥാർത്ഥത്തിൽ സഗുണോപാസനയാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എന്തെച്ചാൽ അതിൽ ബ്രഹ്മത്തിനെ കാണാമെങ്കിൽ പിന്നെ സർവത്ര കാണാം ഒരു പ്രതിമയിൽ പരമാത്മാവിനെ കാണാമെങ്കിൽ സർവത്ര കാണാം അപ്പൊ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഋഷീശ്വരന്മാര് അഥവാ ഋഷീശ്വരന്മാര് വിധിച്ചു എന്ന് പറയണ്ട ഭഗവാൻ തന്നെ അവതരിച്ചിരിക്കണത്താണ് സകൃതിയതംഗപ്രതിമന്താഹിതാം മനോമയീ ഭാഗവതീം ദഗവാനെ ഒരു ദിവ്യരൂപത്തിൽ ഏതെങ്കിലും ഒരു രൂപത്തില് ഒരു പ്രാവശ്യം ഹൃദയത്തിൽ സ്മരിച്ചാൽ തന്നെ ഭാഗവതിയും ഗതി പരമഭാഗവതന്മാര് പ്രാപിക്കുന്ന ഭക്തിയെ ഗതിയെ പ്രാപിക്കുന്നു ഭക്തന്മാരെ പിടിച്ചടക്കാനായിട്ട് തൻവശപ്പെടുത്താനായിട്ടാണ് ഭഗവാൻ അർച്ചാവതാരം കൊണ്ട് നിൽക്കുന്നത് ആ ഭഗവാനെ തന്റെ ഉള്ളിലാക്കി അകാസുരൻ നമ്മളുടെ ഉള്ളിലൊക്കെ അകാസുരൻ ഉണ്ട് അഹങ്കാരമാവുന്ന പാമ്പ് പാപം എല്ലാ പാപത്തിനും മൂലം കർത്തൃത്വ ബുദ്ധിയാണ് അഹങ്കാരമാണ് അപ്പൊ ഈ അഹങ്കാരമാവുന്ന പാമ്പ് എല്ലാവരുടെ ഉള്ളിലും ഒളിഞ്ഞുകിടക്കണുണ്ട് ആ പാമ്പിനെ ഇല്ലാതാക്കണമെങ്കിൽ കൃഷ്ണനെ മെഴുങ്ങണം എന്നാണ് കൃഷ്ണനെ മെഴുങ്ങാന്ന് വെച്ചാൽ എന്താ കൃഷ്ണനെ മെഴുങ്ങാന്ന് വെച്ചാൽ എന്താ ഭഗവാന്റെ നാമത്തിനെ സദാ ഉള്ളില് കരുതിക്കൊണ്ടേയിരിക്കാം ാമത്തിന് വിടാതെ ജപം ചെയ്തുകൊണ്ടിരിക്കുക നിരന്തര ജപം കൊണ്ട് ഭഗവാൻ ഹൃദയത്തിൽ ആവിർഭവിക്കും അങ്ങനെ ആവിർഭവിച്ചാലോ യുദ്ധസ്ഥാ മായയെ നിശേഷം തുടച്ച് നീക്കാം അത് ഭഗവാൻ ചെയ്യേണ്ട കടം ജോലിയാ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല മായയോട് യുദ്ധം ചെയ്ത് മമമായ സുതുസ്തരാ ഭഗവാൻ പറയുന്നു എന്റെ മായ േഷാ ഗുണമയീ മമമായാരത്യ ഈ ദൈവീ മായ അത്ര എളുപ്പത്തിൽ കടക്കാനൊന്നും സാധിക്കില്ല പിന്നെ എങ്ങനെ സാധിക്കും മാമേവയെ പ്രപദ്ധ്യന് തരന്തിക്ക് ശരണാഗതി ചെയ്യുന്നുവോ ആര് ഭഗവാനെ ശരണാഗതി ചെയ്യുന്നുവോ അവരുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം അവരെ മായ തരണം ചെയ്യേണ്ടത് സതരതി സതരത്തി അന്യാനപി താരത്തി സതരത്തി അന്യാനപി താറയത്തി ആര് ഭഗവാന്റെ കൃപയ്ക്ക് പാത്രമാവുന്നുവോ അവൻ വളരെ ലളിതമായി സംസാര സമുദ്രത്തിനെ കടക്കണമെന്ന് മാത്രമല്ല മറ്റുള്ളവരെ കടത്തുകയും ചെയ്യുന്നു അപ്പോ ഭക്തിയാണ് ഇതിന്റെ രഹസ്യം ഭക്തി ഉണ്ടാവാനോ ശരണാഗതി ശരണാഗതി ഉണ്ടാവാനോ ശരണാഗതി എങ്ങനെ ഉണ്ടാവും ശരണാഗതി ചെയ്യണം എന്നറിയണം ശരണാഗതി ചെയ്യണം എന്ന് എങ്ങനെ അറിയും സത്സംഗത്തിലിരുന്നാലേ അറിയുള്ളൂ സത്സംഗത്തിലേക്ക് നമ്മൾ എങ്ങനെ വരും സത്സംഗത്തിലേക്ക് നമ്മളിപ്പോൾ ഓട്ടോയിലും ബസ്സിലും ഒക്കെ കൂട്ടിക്കൊണ്ടു വരുന്നു അല്ലേ അതുപോലെ സത്സംഗത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുവരുന്ന വാഹനം എന്താ നമ്മളുടെ കർമ്മം കർമ്മത്തിനെ എങ്ങനെ ചെയ്താൽ സത്സംഗത്തിലെത്തും നിഷ്കാമ്യമായിട്ട് കർമ്മം ചെയ്യണം നിഷ്കാമ്യമായി കർമ്മം എങ്ങനെ ചെയ്യും ചിത്തം ശുദ്ധമാവണം ചിത്തം എങ്ങനെ ശുദ്ധമാവും അവിടെയാണ് ഭഗവാന്റെ അപാര കൃപ നമ്മൾ ഇന്നലെ പറഞ്ഞത് വിഷയങ്ങളിൽ പെട്ടുകിടക്കുന്നവരുടെ അഹങ്കാരം ഇല്ലാതാക്കാനായിട്ട് ഭഗവാൻ കുറേയൊക്കെ ദുഃഖം കൊടുക്കും വിഷമങ്ങൾ കൊടുക്കും ആ വിഷമങ്ങൾ കൊടുക്കുമ്പോൾ അവരുടെ ബലമായിട്ടുള്ള അഹന്ത അല്പ ഒന്ന് തളരും തളരുമ്പോഴാണ് പതുക്കെ പതുക്കെ പതുക്കെ ചിത്തശുദ്ധിയുണ്ടാകുന്നത് അപ്പോ ഇങ്ങനെ അകാസുരമോക്ഷം അകാസുരമോക്ഷം കഴിഞ്ഞ നമ്മളിപ്പോ കഥ എവിടെയാണ് നിൽക്കണത് അപ്പൊ അകാസുരമോക്ഷം ഒരു വർഷം കഴിഞ്ഞ് ഈ ഗോപകുട്ടികള് ഗോപാലന്മാർ വീട്ടിൽ ചെന്ന് അമ്മയോടൊക്കെ ഈ കൃഷ്ണൻ ഒരു പാമ്പിനെ കൊന്നു അതിപ്പോ എന്താ ഈ ഒരു വർഷം കൌമാരത്തില് നടന്നത് ഭൗകുണ്ഡത്തിൽ ചെന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ അതിന്റെ ഇടയിൽ എന്ത് സംഭവിച്ചു വൃന്ദാവനത്തിൽ എന്താ സംഭവിച്ചത് എന്ന് പരീക്ഷത്ത് ചോദിച്ചു സുഖബ്രഹ്മഹർഷി മിണ്ടിയ പരീക്ഷത്ത് ചോദിച്ചപ്പോ അപ്പൊ പരീക്ഷത്ത് ഒന്നുകൂടെ ചോദിക്കേം ഗുരോപിക്ഷത്രബന്ധവ യോ മുഹുസ്ത്വത്തുണ്യം കൃഷ്ണകഥാമൃതം വയം ധന്യതമാലോകെ പരീക്ഷത്തിനു ഉള്ളില് ധന്യത തോന്നിത്തുടങ്ങി ധന്യത എപ്പോ തുടങ്ങും തോന്നും ഉള്ളിൽ ശാന്തി ഉണ്ടാവുമ്പോ സമാധാനം ഉണ്ടാവുമ്പോ ആനന്ദം ഉണ്ടാവുമ്പോ ഹീവിതം എത്ര ധന്യമാണ് തോന്നും പരീക്ഷത്തിനിപ്പോ ധന്യത തോന്നിത്തുടങ്ങി കാരണമെന്താ ക്ഷത്രബന്ധവ അഭീ ക്ഷത്രിയന്മാരെന്ന് പറയാൻ യോഗ്യതയില്ലാതെ ഇരുന്നാൽ കൂടെ അങ്ങയുടെ കൃപ കൊണ്ട് ഇതാ ഭാഗവതം കേൾക്കുന്നു പുണ്യം ഹരി കഥാമൃതം ഹരികഥാമൃതത്തെ കേൾക്കയാണ് പാനം ചെയ്യാണ് ചെവി കൊണ്ടു കുടിക്കാണ് നേത്രൈഹി ശ്രോത്രൈശ് പീത്വാ പരമരസ സുഖാംബോധി പൂരേ രമേ ഭഗവാന്റെ രൂപത്തിനെ കണ്ണുകൊണ്ടും ചെവി കൊണ്ടും കുടിക്കുക വായു ഇന്ദ്രിയങ്ങളുടെ സ്വഭാവമൊക്കെ മാറിപ്പോണു ഭഗവത് അനുഭവം ഏർപ്പെടുന്നു അപ്പൊ ഇതിൽ ചോദിച്ചപ്പോ സുഖാചാര്യർ അത്യാഗാധമായ ഭാവസമാധിയില് ഇത്തം സ്വപൃഷ്ട സതുഭതായർ ശനൈ പ്രത്യാഹത ഭാഗവതോത്തമോത്ത ഇത്രയും പരീക്ഷിച്ച് ചോദിച്ചപ്പോ കൃശ്രാത് ബഹിർലബ്ധൃശി വളരെ വിഷമിച്ച് ബഹിർമുഖനായിട്ട് തീർന്നു എന്നാണ് മനസ്സന്തർമുഖമായി ആത്മലീനമായിട്ട് തീർന്നു ഭഗവത് ധ്യാനത്തിൽ ലയിച്ചു വളരെ വിഷമിച്ച് മനസ്സിനെ ബഹിർമുഖമാക്കി തീർത്തു അത്രേ കഥ പറയണമല്ലോ എന്ന് വിചാരിച്ചു ബഹിർമുഖമായി ഇത്രയും പറഞ്ഞ് പരീക്ഷത്തിന് കൃഷ്ണകഥ തുടർന്നു പറയുകയാണ് പരീക്ഷത്തെ സജ്ജനങ്ങളുടെ ലക്ഷണം തന്നെ ഇതാണ് അവർക്ക് ഭഗവത് കഥ എത്ര കേട്ടാലും തൃപ്തി വരില്ല സതാമയം സാരഭൃതം നിസർഗോം യദർവാണിശ്രുതിചേതസാമപി പ്രതിക്ഷണം നവ്യവത് അച്ഛത യത് സ്ത്രീയാ വിട്ടം ഇവ സാധുവാർത്ത പരമലോകികന്മാരായിട്ടുള്ള ഒരു രണ്ടുപേര് ഇരുന്നിട്ട് സിനിമാ കഥ രസിച്ചു പറയണത് നമുക്ക് കാണാം അല്ലെ പരമ ലൗകികന്മാരായിട്ടുള്ളവര് സിനിമയിലുള്ള കഥകളും സിനിമയിലുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് രസിക്കും എന്താ അവരവരുടെ വാസനക്ക് അനുസരിച്ചുള്ള വർത്തമാനമാണ് ഇഷ്ടം എല്ലാവർക്കും എല്ലാവർക്കും അവരവരുടെ വാസന എന്താണോ അതാണ് എല്ലാവർക്കും അവരവരുടെ കഥയാണോ ലോകത്തിലിഷ്ടം അവരവരെന്താണോ അത് പുറത്ത് കേൾക്കാനും ഇഷ്ടമാണോ ഞാനിപ്പോ എന്തെങ്കിലുമൊക്കെ കഥ പറഞ്ഞാൽ ചിലപ്പോ ഇഷ്ടപ്പെടില്ല അതേസമയം നിങ്ങളെക്കുറിച്ച് ആരോ എന്തോ പറയണു കേട്ടുമല്ലോ എന്ന് പറഞ്ഞാൽ മതി ഇവിടെ വന്നിരിക്കും അടുത്ത് നമ്മളെ സംബന്ധപ്പെടുന്നതാവുമ്പോ നമുക്ക് രുചിയേർപ്പെടും ഇവിടെ ശ്രീ സുഖബ്രഹ്മ മഹർഷി പറയുന്നു പ്രതിക്ഷണം നവ്യവത് അച്യുതസ് അച്യുതന്റെ കഥ ഭഗവത് കഥ ഓരോ ക്ഷണവും നവ്യവത് പുതിയതായിട്ട് നവം നവമായിട്ട് അമൃതമായിട്ട് മധുരമായിട്ട് തോന്നണോ എങ്ങനെ ലൌകികന്മാർക്ക് വിഷയവർത്തമാനം എത്ര കണ്ട് രസമോ അതുപോലെ ഭഗവത്കഥകള് ഭക്തന്മാർക്ക് അത്ര കണ്ട് രുചികരം അതുകൊണ്ട് ഭഗവാനെ പറയൂ എത്ര രഹസ്യമാണെങ്കിലും പറഞ്ഞു തരാം ഞാൻ അങ്ങയുടെ ശിഷ്യനാണ് എത്ര ഗുഹ്യമാണെങ്കിലും രഹസ്യമാണെങ്കിലും ശിഷ്യന്മാർക്ക് ഗുരുക്കന്മാരും ഒന്നും മറച്ചു വയ്ക്കാറില്ല അതുകൊണ്ട് ഭഗവാനെ പറയൂ എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചു അതിന് ശ്രീശുഖാചാര്യർ കഥ പറഞ്ഞു തുടങ്ങി ഭഗവാനും കുട്ടികളും കൂടെ അവിടെ വൃന്ദാവനത്തിൽ അങ്ങനെ കളിച്ച് രസിക്കുകയാണ് അപ്പോഴാണ് ബ്രഹ്മാവിന് കണ്ണനെ കാണണം എന്നൊരു മോഹം വൈകുണ്ഠത്തിൽ നിന്നും ഭഗവാനെ പ്രാർത്ഥിച്ച് ഭൂമിയിലേക്ക് അയച്ചതാണ് ഭഗവാൻ അവതരിച്ചതാണ് അപ്പോഴും ഭഗവാന്റെ രൂപമൊന്നും കണ്ടില്ല ഗിരം സമാധ ഗ്യവേദാ ത്രദശാനുവാച അവിടുന്ന് കേട്ടു ഇവിടെ പറഞ്ഞു ആളെ കണ്ടൊന്നുമില്ല അപ്പൊ ഇപ്പോ അവതരിച്ചിരിക്കുമ്പോ ഒരു രൂപമെടുത്ത് ഭഗവാൻ എന്തൊക്കെ ദിവ്യലീലകൾ ചെയ്യുന്നു എന്ന് കാണാനായിട്ട് ബ്രഹ്മാവിനൊരു ആശ അപ്പോ ആകാശത്തിൽ വന്ന് നിന്നു പരസ്പരം കുട്ടികളൊക്കെ കൂടെ കളിക്കുകയാണ് ഓരോരുത്തരായി അവരവരുടെ പൊതി അഴിച്ചു ചാപ്പാട് കൊണ്ടുവന്നിട്ടുണ്ട് ഓരോരുത്തരും അവരവരുടെ പാക്കറ്റ് അഴിച്ചു സർവേമിത്തോ ദർശകന്ത സ്വസ്വോജ്യത അവരവർ കൊണ്ടുവന്ന ആഹാരത്തിന്റെ രുചി പരസ്പരം കൊടുത്ത് രുചിക്കാത്രേ ഭഗവാനോ അതിസുന്ദരമായ രൂപം നീലമേഘശ്യാവളനായി പീതാംബരധാരിയായി മയിൽപേലി ധരിച്ചുകൊണ്ട് കക്ഷത്തില് ചൂരൽ വടിയും വെച്ച് ഇടുപ്പില് പുല്ലാങ്കുഴൽ തിരികും ഇടത് കയ്യിൽ കഴിക്കാനുള്ള ഭക്ഷണം വെച്ചുകൊണ്ട് വിരലുകൾക്കിടയിൽ അതിന് തൊട്ടുകൂട്ടാനുള്ള ബിബ്രദ്വേണുജരപഠയോ ശൃംഗവേത്രേ ജഗക്ഷേ വാമേപാണൂ മസൃണകമളം തത്ഫലാ അംഗുലീഷൂ തിഷ്ടന് മധ്യേ സ്വപരിസുഹൃദോ ഹാസയൻ നമ്മഭിസ്മൈ സ്വർഗേലോകെ മിഷതി ബുഭുജെ യജ്ഞ ബുക്ക് ബാലകേളിഹീ യജ്ഞത്തില് അഗ്രബുക്കായിട്ടുള്ള ഭഗവാൻ വിളിച്ചാ വിളിച്ചാ വരാത്ത ഭഗവാൻ ഇവിടെ ഗോപ ബാലന്മാരുടെ നടുക്ക് നിന്നിട്ട് പരസ്പരം അവരവരുടെ പൊതി അങ്ങോ ഇങ്ങടും കൊടുത്ത് വാങ്ങി കഴിക്കാം അതും നർമ്മിഹി ആശയന് അവരോട് തമാശ പറഞ്ഞ് അവരെയൊക്കെ ചിരിപ്പിക്കാത്രേ ഗോപര് ഗോപകുട്ടികളോട് തമാശ പറഞ്ഞ് ചിരിപ്പിക്കാം ഇതിങ്ങനെ ബ്രഹ്മാവ് ആകാശത്ത് നിന്ന് കണ്ടു അയ്യേ ഇതാണോ മഹാവിഷ്ണു വൈകുണ്ഠത്തിൽ പോകുമ്പോ എന്ത് ഗംഭീരമാണ് അവിടെ ടോക്കൺ എടുക്കണം ജയവിജയന്മാരുടെ പെർമിഷൻ ചോദിക്കണം ക്യൂ ഒരു മിനിറ്റേ കാണാൻ പറ്റുള്ളൂ തല കണ്ടാ കാല് കാണില്ല കാല് കണ്ടാ തല കാണില്ല ആദിശേഷനായി ആദിശേഷന്റെ മേലെ കിടക്കുന്ന അനന്തശായി ആയിട്ടുള്ള ഭഗവാനെ ഇവിടെയാണെങ്കിൽ ഇതാ ഈ പിള്ളേരുടെ കൂടെ കളിച്ച് പരസ്പരം തൈരും ചോറും വെണ്ണയും മധുരപലഹാരങ്ങളും ഒക്കെ പരസ്പരം കൊടുത്ത് വാങ്ങി കഴിച്ച തമാശയും പറഞ്ഞ് എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള വർത്തമാനമാണോ പറയണെന്ന് ചവി കൊടുത്ത ഇന്നലെ പറഞ്ഞ പോലെ ആരുടെയോ വീട്ടിൽ കയറി തലമുടിയും താടിയും കെട്ടിയിട്ട കഥയാ ഇതൊക്കെ കേട്ടപ്പോ ബ്രഹ്മാവിന് ആശ്ചര്യം തോന്നി ഇതാണോ വിഷ്ണു അംബോ ജന്മജനി യാർബസേഷിതു മഞ്ജുമഹിത്വ അയത്സാ ഇതോ വത്സ്പ നീത്രേ അവസ്ഥി യു പുരാ ദൃഷ്ട്വാസുരമോക്ഷണം പ്രവവത പ്രാ പരം വിസ്മയം ജന്മാവാണ ബ്രഹ്മ താമരയിൽ ജനിച്ച ആള് അദ്ദേഹത്തിന് ഭഗവാന്റെ നാവിയിൽ നിന്നും ഉദിച്ച താമര ബ്രഹ്മാവ് ഭഗവാനിൽ നിന്ന് അന്യമല്ല ബ്രഹ്മാവ് ജനിക്കാൻ തന്നെ കാരണം എന്താന്ന് വെച്ചാൽ ഭഗവാന് തനിച്ചിരുന്ന് ബോറിടിച്ചോത്രേ അപ്പോ ഭഗവാന് സത്സംഗം വേണം എന്ന് തോന്നി ആർക്കെങ്കിലും ഒക്കെ ബ്രഹ്മവിദ്യ പറയണം തോന്നി അപ്പോ തന്റെ നാഭിയിലേക്ക് ഭഗവാൻ ഒന്ന് നോക്കി ആ ദൃഷ്ടി വീണപ്പോ നാഭിയിലെ ഒരു നാളം ഒതിച്ച് ഒരു കൂമ്പിയ താമര ആ താമരയിലേക്ക് ഭഗവാൻ നോക്കി ഭഗവാന്റെ അമൃത ദൃഷ്ടി വീണപ്പോ ആ താമര വിരിഞ്ഞു ആ താമരയുടെ അകത്തേക്ക് ഭഗവാൻ നോക്കി നോക്കിയപ്പോ ഭഗവാന്റെ തന്നെ അന്തരാത്മ അതിനകത്ത് ഒരു രൂപമെടുത്ത് പ്രകാശിച്ചു ബ്രഹ്മാവായിട്ട് എന്നിട്ട് ബ്രഹ്മാവിന്റെ ഹൃദയത്തിൽ ഭഗവാൻ തന്നെ കയറി ബ്രഹ്മാവിനെ കൊണ്ട് ചോദിപ്പിച്ചു എനിക്ക് തത്വോപദേശം ചെയ്യൂന്ന് അങ്ങനെയാണ് ചതുശ്ലോകി ഭാഗവതം ബ്രഹ്മാവിന് ഭഗവാൻ പറഞ്ഞു കൊടുത്തത് കസ്മൈയേന വിഭാസിതോയതുലോ പ്രദീപുരാ ബ്രഹ്മാവിന് താൻ തന്നെ ഉപദേശിച്ചു ബ്രഹ്മാവിൽ നിന്ന് പരമ്പര പരമ്പരയായി ഭാഗവതധർമ്മം ആ ബ്രഹ്മാവിന് ഇവിടെ ഭഗവാന്റെ ദിവ്യലീല കാണാൻ ഒരാഗ്രഹം ബ്രഹ്മാവ് എന്തു ചെയ്തു എന്ന് വെച്ചാൽ കൂടെ കളിക്കാം വീണ്ടും കണ്ണടച്ചു ഭഗവാൻ ആദ്യം ഭഗവാൻ കണ്ണു വത്തിയപ്പോ കുട്ടികളൊക്കെ അഘത്തിന്റെ പാപത്തിന്റെ കയ്യിൽ കുടുങ്ങി രണ്ടാമത് ഭഗവാൻ കണ്ണടച്ചപ്പോ കുട്ടികളും പശുവിനെയൊക്കെ ബ്രഹ്മാവിന്റെ കൈ കുടുങ്ങി ബ്രഹ്മാവാര സൃഷ്ടി അല്ലെ ഒന്നില് സൃഷ്ടി പാപം വീണ്ടും ജനനം എന്ന അർത്ഥം അപ്പൊ കണ്ണടച്ചതും ഈ കുട്ടികളെയും പശുക്കളെയുമൊക്കെ രണ്ടു ഗുഹയിലാക്കി ബ്രഹ്മാവ് ഇവരെ അന്വേഷിച്ച് ഭഗവാൻ എങ്ങനെ ചെല്ലണു കുട്ടികളെയും കാണാനില്ല കുറച്ചു കഴിഞ്ഞാൽ പശുവിനെ പശുക്കളെയും കാണാനില്ല ഭഗവാൻ മനസ്സിലാക്കി ബ്രഹ്മാവിന് ഭഗവാന്റെ ഈശ്വരത്വം കാണാനുള്ള ആഗ്രഹം അപ്പൊ ബ്രഹ്മാവിനെ ഒന്ന് സന്തോഷിപ്പിക്കണം തതകൃോ മുദം കർത്തും തന്മാതൃംച്ച് കയ്യ ഉഭയായിതമാത്മാനം ചക്രേ വിശ്വകൃതി ഈശ്വര ഭഗവാന്റെ ഈശ്വരത്വമാണത് ഉഭയായുധമാനം ചക്രേ തന്നെ തന്നെ രണ്ടാക്കി ചെയ്തുതാണ് ഒന്നായി നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടം ഉഭയായുധമാത്മാനം ചക്രേ എങ്ങനെ സ്വപ്നത്തിൽ എന്ന എന്താ ഭഗവാൻ ചെയ്തതെന്ന് വെച്ചാൽ ഏതൊക്കെ ഗോപപാലന്മാരുണ്ടോ അവരുടെയൊക്കെ രൂപത്തിൽ താൻ തന്നെ ആയിത്തീർന്നു വെളുത്ത കുട്ടിയാണെങ്കിൽ വെളുത്ത കുട്ടി കറുത്ത കുട്ടിയാണെങ്കിൽ കറുത്ത കുട്ടി തടിയുള്ള ഗോപകുട്ടിയാണെങ്കിൽ തടിയുള്ള ഗോപാതൻ ആ കുട്ടിക്ക് തലയിൽ ഒരു ചുവന്ന തുണി കെട്ടിയിട്ടുണ്ടെങ്കിൽ അതുപോലെ ചുവന്ന തുണി കക്ഷത്തിൽ ഒരു ചൂരൽ വടിയുണ്ടെങ്കിൽ ചൂരൽ വടി വെളുത്ത വസ്ത്രം എടുത്തിട്ടുണ്ടെങ്കിൽ വെളുത്ത വസ്ത്രം അതേപോലെ കിടാവ് ചുവന്ന കിടാവ് ആണെങ്കിൽ വെളുത്തതാണെങ്കിൽ വെളുത്തത് കറുത്തതാണെങ്കിൽ കറുത്തത് പശു കിടാവ് എന്തെങ്കിലും നിറത്തിലുണ്ടോ അതോ അതിന്റെ കഴുത്തിൽ ഒരു മണി കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ മണി ോപാലനും ഗോപബാലനു സ്വഭാവം ഉണ്ടോ അതൊക്കെ സ്വഭാവം എങ്ങനെ വർത്തമാനം പറയും വർത്തമാനം പറയുമ്പോൾ ഒരാൾക്ക് ഇത്തിരി വിക്ക് ഉണ്ടെങ്കിൽ അതുപോലെ വിക്ക് ഒരാൾക്ക് ജലദോഷം പിടിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ജലദോഷമുണ്ട് പനി പിടിച്ചിട്ടുണ്ടെങ്കിൽ പനി ഒന്നും മാറ്റമില്ല എല്ലാം അതേപോലെ യാവദ്സകാൽപകവപ്പുഹും ിയാധികം യാവത് വ്യഷ്ടി വിഷാണ വേണുദലശ്വത് വിഭൂഷാംബരം ശീല ഗുണാഭിതാകൃതികം ഒരാൾ നടക്കുമ്പോഴോ അല്പ ഒരു വളഞ്ഞിട്ടാണ് നടത്തുമെങ്കിലും ഒന്നും ഒരു ഭാഗത്തേക്ക് ചരിഞ്ഞിട്ടാണോ നടത്തുമെങ്കിൽ അതുപോലെ നടത്താം ഒരാൾക്ക് പുറകൗട്ട് കൈകെട്ടിക്കൊണ്ട് നടക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അതുപോലെ യാവത് ശീല ഗുണാഭിതാകൃതികം സർവം വിഷ്ണുമയം ഗിരോ ഗവതൗ ഭഗവാൻ തന്നെ സർവസ്വരൂപോഭവ സർവം വിഷ്ണുമയം അല്ലെങ്കിൽ തന്നെ വിഷ്ണു മയമാണ് ഇപ്പോൾ പുതിയതായിട്ട് ഉണ്ടാവാനുണ്ടോ എന്ന് വെച്ചാൽ ഇത് സ്പെഷ്യൽ സൃഷ്ടി ഇത് ബ്രഹ്മാവിന് അലോട്ട് ചെയ്തു കൊടുത്ത ഡിപ്പാർട്ട്മെന്റിൽ നടത്തുന്ന സൃഷ്ടിയല്ല ഇത് സ്പെഷ്യൽ സൃഷ്ടി ബ്രഹ്മാവിന് ബോർഡടിച്ചപ്പോ ഭഗവാൻ ഒരു സൃഷ്ടി ചെയ്ത് കാണിച്ചു കൊടുത്തതാ എന്താന്ന് വെച്ചാൽ ബ്രഹ്മാവിനെ ഒന്ന് കാണിച്ചു കൊടുക്കണം ബ്രഹ്മാവിന് വയസ്സായി സൃഷ്ടിച്ചു സൃഷ്ടിച്ച് ചിലതിനൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി വിടുമ്പോ തലയിൽ ചിലതൊക്കെ വെക്കാനൊക്കെ മറന്നുപോകും എനിക്ക് നാരദ മഹർഷി ബ്രഹ്മാവിനെ കാണാൻ ചെന്നു അത്രേ അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു വലിയ വിഷമത്തിലാണ് എന്താപ്പോ അച്ഛൻ എന്താപ്പോ വിഷമിച്ചിരിക്കണതെന്ന് ചോദിച്ചു നാരദൻ ബ്രഹ്മാവ് പറഞ്ഞു നാരദ ചില അബദ്ധം പറ്റി ഇന്നലെ രാത്രി ഉറങ്ങിയില്ല അതുകൊണ്ട് രാവിലെ ഉറക്കം തൂങ്ങി കുറെ സൃഷ്ടി ചെയ്തു അത് എന്താന്ന് വെച്ചാൽ ചിലരുടെയൊക്കെ തലയിൽ ആ ബുദ്ധി അവിടെ വയ്ക്കാനായിട്ട് മറന്നു അതിനു മുമ്പ് തന്നെ തലയൊക്കെ ക്ലോസ് ചെയ്തു ഭൂമിയിലേക്ക് പറഞ്ഞു വെച്ചു അവരൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാവും ബുദ്ധി ഇല്ലാത്തത് കൊണ്ടും വിഷമിക്കുന്നുണ്ടാവും ഒന്ന് പോയി ഭൂമിയിൽ പോയി നോക്കിട്ട് വരിക എന്താ ചെയ്യണത് കുട്ടികളൊക്കെ എന്ത് ചെയ്യണമെന്ന് അന്വേഷിച്ചിട്ട് വരുമോ നാരദൻ വളരെ പെട്ടെന്ന് ചെന്നു തിരിച്ചു വന്നിട്ട് പറഞ്ഞു അച്ചോ ഇനിയൊക്കെ അങ്ങനെ സൃഷ്ടിച്ചാ മതി അപ്പൊ അവരാണ് സുഖമായിട്ട് രാജ്യം ഭരിക്കണത് അപ്പൊ ഇനിയുള്ളതൊക്കെ അങ്ങനെ സൃഷ്ടിച്ചാൽ മതി എന്ന് പറഞ്ഞേ അപ്പോ ബ്രഹ്മാവിന് ബോറടിച്ചിരിക്കണോ എന്നാണ് അപ്പോഴാണ് ഭഗവാൻ ആനന്ദമയമായ സൃഷ്ടി ചെയ്ത് കൊടുത്തത് ഈ സൃഷ്ടിച്ച് സൃഷ്ടിച്ച ഒക്കെ കലുഷമായ ജീവൻ അപ്പോ ഭഗവാന്റെയും ഒരു സൃഷ്ടി ഇതിന്റെ ഇടയിൽ കൂടെ ഉഭയായിതമാത്മാനം ചക്രേ നമ്മളൊക്കെ സൃഷ്ടിക്കുന്നുണ്ട് നമ്മളിലൊക്കെ ഉണ്ട് ഭഗവാന്റെ ഈ ഉപയായുധമാത്മാനം തന്നെ തന്നെ രണ്ടാക്കി ചെയ്യുന്ന ശക്തി സ്വപ്നം കാണുമ്പോ നമ്മളൊക്കെ ചെയ്യുന്നുണ്ട് തനിച്ച് ഒരു മുറിയിൽ കിടന്നുറങ്ങുന്നു സ്വപ്നം കാണുമ്പോ തൃശ്ശൂർ പൂരം സ്വപ്നം കാണുക അപ്പൊ പൂരത്തിനുള്ള ആന ആനയുടെ മേലെ ഇരിക്കുന്ന ആളുകള് കൊട തടമ്പ് ചാമരം അതേപോലെ കറുത്ത ആളുകള് വെളുത്താളുകള് വസ്ത്രവും പാൻഡിട്ട ആളുകള് മുണ്ടു കൊടുത്ത ആളുകൾ നമുക്ക് അറിയുന്നവര് അറിയാത്തവര് എല്ലാവരെയും സ്വപ്നത്തിൽ കാണും ഇവരൊക്കെ ആയിട്ട് നമ്മൾ തന്നെ ആയിത്തീരും എന്നിട്ട് അവര് വർത്തമാനം പറയും അവര് ചിന്തിക്കും അവരിലൂടെ നമ്മൾ ചിന്തിക്കും അവരെങ്ങനെയൊക്കെയാണോ നമ്മൾ കാണുമ്പോൾ നടക്കുക അതുപോലെയൊക്കെ നടക്കും യാവ് വിഹാരാധികം അവരുടെ കയ്യിൽ ഒരു വടി ഉണ്ടെങ്കിൽ ആ വടിയുണ്ടാവും ആനക്കാരന്റെ വടി ആനയുടെ തുമ്പി കൈ കൊമ്പ് ഇതൊക്കെ നമ്മൾ തന്നെ ആയിത്തീരും അല്ലേ ആ മുറിയിൽ നമ്മളല്ലാതെ വരെ അറിയുമില്ല അവിടെ ആനയായതും ഞാൻ തന്നെ കൊമ്പായത് ഞാൻ തന്നെ വടിയായത് ഞാൻ തന്നെ അയാൾ ഉടുത്തിരിക്കുന്ന വസ്ത്രവും ഞാൻ തന്നെ അയാൾ ചിന്തിക്കുന്ന ചിന്തകളും ഞാൻ തന്നെ അയാൾ വർത്തമാനം പറയുന്നുണ്ടെങ്കിൽ ആ ശബ്ദവും ഞാൻ തന്നെ അവിടെ ഞാനല്ലാതെ വറ്റ ഒന്നുമില്ല ഈശ്വരൻ സൃഷ്ടി എങ്ങനെ ചെയ്യണു എന്നുള്ളതിന്റെ ഒരു മിനിയേച്ചർ ഫോമാണ് നമ്മളുടെ ഉള്ളിൽ നടക്കുന്ന സ്വപ്നം നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പൊ ഭഗവാൻ സങ്കല്പ മാത്രേയാണ് വിശ്വം സസർജ സങ്കല്പം കൊണ്ട് തന്നെ വിശ്വം സൃഷ്ടിക്കുന്ന ഈശ്വരനിപ്പോ ഇത് എന്ത് ബുദ്ധിമുട്ട് അതുകൊണ്ട് സ്വയം ആത്മാത്മഗോത്സാന് പ്രതിവാര്യ ആത്മവത്സവൻ ആത്മവിഹാരൈശ്ച സർവാത്മാപ്രാവിശദ്വ്രജം ഈ കുട്ടികളെയൊക്കെ വിളിച്ചുകൊണ്ട് വ്രതഭൂമിയിലേക്ക് ചെന്നു അവരവരുടെ വീട്ടിലേക്ക് ചെന്നു അവരവരുടെ അച്ഛന്റെ അടുത്തും അമ്മയുടെ അടുത്തും ചെന്നു കിടാവിനെ അതാത് തൊഴുത്തൽ കൊണ്ടു ചെന്ന് കെട്ടിയിട്ടു കുട്ടികളെ അങ്ങനെ ജീവിക്കാൻ തുടങ്ങി അച്ഛനും ഒരേ ഒരു വ്യത്യാസം അമ്മയും അച്ഛനും കുട്ടികളെ ചീത്ത പറയണവര് പറഞ്ഞാൽ കാത്ത കുട്ടികളാണെന്ന് കംപ്ലൈന്റ് പറയുന്നവർക്കൊക്കെ പരമസന്തോഷം കുട്ടികളില് ആസുരിവാസനയെ കാണാനില്ല ഒക്കെ ദിവ്യമായിട്ടിരിക്കുന്നു സർവം വിഷ്കമയം കുഞ്ഞുങ്ങളെ സ്പർശിക്കുമ്പോൾ അച്ഛനും അമ്മയ്ക്കൊക്കെ ആനന്ദം സന്തോഷം കുട്ടികളെ വിട്ടു പിരിയുമ്പോ വിരഹദുഃഖം അതേപോലെ കിടാവിനെ കാണുമ്പോ പശുവിന് ആനന്ദം സന്തോഷം കിടാവിനെ വിട്ട് പിരിഞ്ഞാ പശുവിന് ദുഃഖം ഇങ്ങനെ ഒരു വർഷക്കാലം കടന്നുപോയി ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് അപൂർവം പ്രേമവർദ്ധതയെ ബലരാമസ്വാമിക്കും പതുക്കെ ബ്രെയിൻ വർക്ക് ചെയ്തു തുടങ്ങിയത് അദ്ദേഹത്തിന് പോലും അപ്പോഴാത്ര ഇത് എന്താ അപൂർവം പ്രേമവർദ്ധതയും ആശ്ചര്യമായിരിക്കണമല്ലോ സാധാരണ കാണാത്ത ഒരു ദിവ്യപ്രേമത്തിന്റെ ഒരു വിലാസം കാണുന്നു അദ്ദേഹത്തിന് അപ്പോഴാണ് ദർശനം ഉണ്ടാവുന്നത് സർവം വിഷ്ണു എല്ലാം ഭഗവത് സ്വരൂപമായിട്ട് ദർശനം ബ്രഹ്മാവും കുറച്ചു എന്താ സംഭവിക്കണത് നോക്കാനായിട്ട് ആകാശത്ത് നിന്നു ഒക്കെ പഴയ പോലെ നടക്കണം ഗോപാലന്മാർ ബ്രഹ്മാവിനെ നമ്മളുടെ ഒരു വർഷം എന്നൊക്കെ പറയണത് ബ്രഹ്മാവിനെ ചായ കുടിക്കാനുള്ള സമയമേ ആയിട്ടുള്ളൂ അദ്ദേഹം അങ്ങോട്ട് പോയിട്ട് വരുമ്പോഴേക്കും നമുക്ക് ഒരു വർഷമാവും ബ്രഹ്മാവ് ആകാശത്ത് വന്ന് നോക്കുമ്പോ എല്ലാം പഴയ പോലെ നടക്കുന്നു അദ്ദേഹം ഗുഹയിൽ ചെന്ന് നോക്കിയാൽ അവിടെ അടച്ചു വെച്ചതൊക്കെ അതേപോലെ ഉണ്ട് ഇവിടെ നോക്കുമ്പോൾ ഇവിടെയുള്ളത് ഇതിപ്പോ ഏതാ ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കറ്റ് ബ്രഹ്മാവ് സൃഷ്ടിച്ചത് ഒറിജിനലോ ഭഗവാൻ സൃഷ്ടിച്ചത് ഒറിജിനലോ ഇതേതിനെ ഒറിജിനൽ എന്ന് വിളിക്കും ഏതിനെ ഡ്യൂപ്ലിക്കറ്റ് എന്ന് വിളിക്കും എല്ലാം ओने नोक्यो विष्णुस्वूप एगवत्व कू तोद्वहत्पशुपंश शिशुट्य ब्रह्माद्वय परमनगाधबोधं वत्सा सहीीनपुरापरी विचिवत्कं सबाणिकबल परि अचुष अोपाल ശിശുപവംശ പശു പശുപവംശ ശിശുത്വ നാട്യം ബ്രഹ്മാദ്വയം അദ്വയമായ പരബ്രഹ്മവസ്തു ഒരു കൊച്ചുകുട്ടിയായിട്ട് അവിടെ ഗോപാലന്മാരുടെ നടക്കു നിൽക്കുന്നതും പരമേഷ്ഠി അചഷ്ട ബ്രഹ്മാവ് കണ്ടു ബ്രഹ്മാവിന്റെ ബ്രഹ്മാവിന് ഇപ്പം അഹങ്കാരം എന്ന് പറയാവും ഒരു സാധാരണ മനുഷ്യനെ അഹങ്കാരം ജ്ഞാനം ഉണ്ടായാൽ അഹങ്കാരം വരില്ല ഇത് ഭഗവാന്റെ സ്വരൂപമായ ബ്രഹ്മാവിന് അഹങ്കാരം എന്ന് പറയാമോ എന്നാലും ഭഗവാന്റെ മഹാവൈഭവം കണ്ട ബ്രഹ്മാവ് ആനന്ദിച്ച് ഭഗവാന്റെ മുമ്പിൽ വന്ന് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു പറഞ്ഞു ഭഗവാനെ ഒരു അഗ്നി നിന്നും പുറപ്പെടുന്ന ഒരു സ്പുലിംഗം ഒരു അച്ചിസ് ആ അഗ്നിയെ അളക്കാനോ അഗ്നിയെക്കുറിച്ച് മനസ്സിലാക്കാനോ ശ്രമിച്ചാൽ സാധിക്കുമോ അതിന്റെ മൂലമാണ് അഗ്നി അതുപോലെ അവിടുന്ന് മൂലവും ഞങ്ങളൊക്കെ അതിൽ നിന്ന് പുറപ്പെടുന്ന സ്പുലിംഗങ്ങളുമാണ് അങ്ങേയും മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമോ എന്നാലോ അങ്ങേയിൽ തന്നെ ഞാൻ കുറച്ച് കളിച്ചു എന്റെ രജോ ഗുണമാണ് അതിന് കാരണം രജോ ഗുണത്തു അഹങ്കാരം ഉണ്ടാവുന്നത് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു ഭഗവാൻ ഈ സ്തുതിക്കാണ് ബ്രഹ്മാവിന്റെ തന്നെ ഭാഗവതത്തിൽ ബ്രഹ്മ എന്ന പദവിക്ക് യോജിച്ച പോലെ ഉണ്ടാവും അദ്ദേഹമാണ് കവി ആദികവി ലോകത്തിലാദികവി വാൽമീക് പക്ഷേ യഥാർത്ഥത്തിൽ ആദികവി ബ്രഹ്മാവാണ് ഭാഗവത് ആരംഭിക്കുമ്പോഴേ